അസഖ്യാതിയെ ഖണ്ഡിക്കാണ് അസഖ്യാതിവാദം ശൂന്യവാദം ബൗദ്ധന്മാരുടെ ശൂന്യവാദത്തെ ഖണ്ഡിക്കുകയാണ് ഖണ്ഡിക്കുന്ന സഖ്യാതിവാദി സഖ്യാതിവാദി ശൂന്യവാദത്തെ ഖണ്ഡിക്കുന്നു അപ്പൊ അദ്വൈതിക്ക് ശൂന്യവാദത്തെ ഖണ്ഡിക്ക അദ്വൈതി തർക്കത്തിൽ മാറി നിൽക്കുകയാണ് എന്നിട്ട് ആദ്യം ശൂന്യവാദി രംഗത്തിറക്കുന്നു ശൂന്യവാദി എന്ന് പറയുന്നു അതിനെ സഖ്യാതിവാദി നിഷേധിക്കും അതാണ് അടുത്ത് എന്നിട്ട് വിഷയ സാമർഥ്യ സമസ്ത സാമർഥ്യ വിഷയസ്യ എല്ലാ സാമർഥ്യവുമുള്ള വിഷയം വിഷയങ്ങളില്ലെങ്കിലും ശൂന്യമാണെങ്കിലും താദൃശ്യം സ്വപ്രത്യ സാമർഥ്യ അസാധിത അധിഷ്ടാന്തസിദ്ധസ്വഭാവഭേദം വസു പ്രകാശനോപജാതം വിഷയത്തിൽ യാതൊരു സാമർഥ്യമില്ലെങ്കിലും എന്തിന്റെ ജ്ഞാനത്തിന്റെ വിഷയത്തിൽ ഇവിടെ ജ്ഞാനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ടാണ് അതിന് സാമർഥ്യം ഇല്ലാന്ന് പറയുന്നത് എങ്കിലും ജ്ഞാനം എന്ത് ചെയ്യുന്നു ശൂന്യത്തെ പ്രഭാഷിപ്പിക്കുന്നു ഇതാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം അതായത് നമ്മൾ ഈ കാണുന്ന പുസ്തകവും മേശയും മയക്കും എൻ്റെ എന്താണ് ജ്ഞാനം ശൂന്യത്തെ പ്രകാശിപ്പിക്കുന്നു എല്ലാം ശൂന്യമാണ് ശൂന്യത്തെ ജ്ഞാനം പ്രകാശിക്കുമ്പോ പ്രകാശിപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇവിടെ ഇതിന് ഒന്നും പ്രത്യേകിച്ച് സാമർഥ്യമൊന്നുമില്ല സമസ്ത സാമർഥ്യമേവത്താദൃശ്യം അസാധ്യത അധിഷ്ഠാന്താവശേഷം ഇവിടെ നിന്ന് ഈ സാമർഥ്യം കിട്ടി ജ്ഞാനം എങ്ങനെയാണ് ശൂന്യത്തെങ്ങനെ പ്രകാശിപ്പിക്കുന്നത് ജ്ഞാനം വിചാരിച്ചെങ്ങനെയാണ് ശൂന്യം മേശയും പുസ്തവവും കൈ മാറുന്നത് അങ്ങനെ കാണിക്കാൻ കഴിയുന്നത് സ്വപ്രത്യം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഏകാരണം സ്വപ്രത്യം ബൗദ്ധന്മാരുടെ കാരണത്തിന് പ്രത്യയം എന്നാണ് പറയുന്നു ഹേതും പ്രത്യം ദേ ഹേത്വന്താണി ഓരോ ഹേതുക്കളെയും എന്താണ് പ്രകടമാക്കുന്നത് മറ്റ് ഹേതുക്കളാണ് അപ്പോ ഈ ഹേതുക്കളാണ് പ്രത്യയങ്ങളെന്ന് പറയുന്നത് അപ്പോ ജ്ഞാനത്തിന്റെ സ്വപ്രത്യം അതിന്റെ കാരണമായ ജ്ഞാനം അതാണ് അപ്പൊ ഈ ജ്ഞാനത്തിൽ ഈ അസത്തിനെയെല്ലാം പ്രകാശി പ്രകാശിപ്പിക്കാനുള്ള ഒരു സാമർഥ്യമുള്ളൂ എന്നാ പറയുന്നു ജ്ഞാനത്തിലീ സാമർഥ്യം എവിടുന്നു അതിന്റെ മുമ്പിലത്തെ ജ്ഞാനത്തിൽ ഈ ജ്ഞാനത്തിന്റെ പൂർവജ്ഞാനത്തിൽ നിന്നാണ് ഈ ജ്ഞാനത്തിലെ ഈ ആ സാമർഥ്യം ശക്തി അതിനാണ് ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഈ ജ്ഞാനം ഇതിനെയൊക്കെ ഇങ്ങനെ കാണിക്കും അപ്പോൾ എന്തുകൊണ്ടിതൊക്കെ ചൂഞ്ഞിങ്ങനെ കാണുന്നു ജ്ഞാനത്തിനോ ഉള്ള ശക്തിയോട് സാമൃദ്ധിയോ ജ്ഞാനത്തിന് എന്താണ് സമൃദ്ധി ഓടുന്നുവെന്ന് അതിന്റെ പൂർവ്വ ജ്ഞാനത്തോളം കാരണം ജ്ഞാനം എന്ന് പറയുന്നത് ഒരു പ്രവാഹമാണ് ആ ജ്ഞാനപ്രവാഹത്തിൽ പൂർവ്വപൂർവ്വ ജ്ഞാനങ്ങൾ ഉത്തരോത്തര ജ്ഞാനങ്ങൾക്ക് കാരണമാണ് ജ്ഞാനം അതിൻ്റെ പൂർവ്വജ്ഞാനത്തിൽ നിന്ന് സാമർഥ്യത്തെ സ്വീകരിച്ചിട്ട് ഇതൊക്കെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതുപോലെയെന്ന് ചോദിച്ചാൽ എന്തു പറയും അധിഷ്ഠാന്ത സിദ്ധ അതിനൊരു ഉദാഹരണം പറയാൻ ഇത് ജ്ഞാനത്തിന് മാത്രമേ ഉള്ളൂ ഈ കഴിവ് ക്ഷണിക വിജ്ഞാനത്തിന് പൂർവ്വപൂർവ്വജ്ഞാനത്തിൽ നിന്ന് അതിൻ്റെ ഒരു സാമർഥ്യം വരും ആ സാമർഥ്യം കൊണ്ടിതെല്ലാം ഇങ്ങനെ അനുഭവപ്പെടുന്നു എന്താണ് ഈ അനുഭവപ്പെടുന്നത് ഇതെല്ലാം ശൂന്യമാണ് അധിഷ്ഠാന്തം സാമർഥ്യം ജ്ഞാനത്തിന്റെ ഉള്ള സാമർഥ്യത്താൽ പ്രാപ്തമായ എവിടെ പ്രാപ്തമായി ആ ഇപ്പോ ഈ കാണുന്ന ഞാനത്ത് കാണുന്ന ഞാനത്ത് നമ്മളിതിനെയൊക്കെ കാണുന്ന ഈ ജ്ഞാനത്തിൽ പൂർവജ്ഞാനത്തിൽ നിന്ന് ഒരു സാമർഥ്യം പ്രാപ്തമായി ആസാദിതമായി അധിഷ്ഠാന്തം ഇത് ഏതുപോലെ ഒന്നും പറയാനില്ല സ്വഭാവവിശേഷം ഇത് ജ്ഞാനത്തിന്റെ ഒരു സ്വഭാവ ഭേദ സ്വഭാവവിശേഷമാണ് ജ്ഞാനത്തിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ജ്ഞാനത്തിന് പൂർവ്വപൂർവ്വ ജ്ഞാനങ്ങൾ കാരണമാണ് ജ്ഞാനത്തില വിദ്യാശക്തി ഉണ്ട് ഇതിനെയൊക്കെ പരിഷ്കരിച്ചാണ് അദ്വൈതി അദ്വൈത സിദ്ധാന്തത്തെ ഉണ്ടാക്കിയത് ഇതും പ്രാചീനമാണ് സംഗ്രാചര് അദ്വൈതത്തെ ഒക്കെ രൂപപ്പെടുത്തിയെടുക്കുന്ന എട്ടാം നൂറ്റാണ്ടിലൊക്കെയാണ് എട്ടൊമ്പതൊക്കെയാണ് ഇതൊക്കെ നാലാം നൂറ്റാണ്ടിലോ മൂന്നാം നൂറ്റാണ്ടിലോ ഒക്കെയാണ് ഈ പറയുന്നത് അപ്പം അതിന്റെ സ്വാധീനത്തിലാണ് അദ്വൈതത്തിൽ ഈ ജ്ഞാനവും അനാദിയും മായ ശക്തിയും അവിടുത്തെ മാറ്റി കുറച്ച് മാറ്റം വരും അധിഷ്ഠാന്തഭാവഭേദം സ്വഭാവവിശേഷം ത്തിലൂടെ എന്ത് ചെയ്തു അസതപ്രകാശം അതാണ് ഈ അസത്തിന്റെ പ്രകാശനം ഉപജാതം അങ്ങനെയാണ് അസത്തിന്റെ പ്രകാശനം സംഭവിക്കുന്നത് അസത്തിന്റെ പ്രകാശനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളീ കാണുന്ന ഏതൊക്കെ തന്നെ അസത്തിന്റെ പ്രകാശം അങ്ങനെ ഉപജാതം സംഭവിച്ചാണ് എന്താണ് ഇങ്ങനെ പ്രകാശിപ്പിക്കുന്നത് എല്ലാം ശൂന്യമാണ് ഇപ്പൊ അസത്തിനെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ശൂന്യമാണ് അത് ശൂന്യമാണ് അത് ശൂന്യമാണ പിന്നെ ജ്ഞാനത്തിൻ്റെ ഇതിനെയൊക്കെ എന്താണ് എന്തുകൊണ്ട് പ്രകാശിപ്പിക്കാൻ കഴിയുന്നു അതിന് പൂർവജ്ഞാനാധീനമായൊരു സത്ത അതിനോട് അത്രേ ഉള്ളൂ സത്തു പറഞ്ഞാൽ അദ്വൈതി പറയുന്ന സത്ത അല്ല പൂർവജ്ഞാനാധീനത്വം അതി വരും ആ പൂർവ്വജ്ഞാനാധീനത്വം വരുന്നുകൊണ്ട് ആ ജ്ഞാനത്തിന് ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കാൻ കഴിയും ഇതാണ് ആര് പറയുന്നു ശൂന്യവാദികൾ പറയും പൂർവ്വവാദികളുടെ സാധാരണ സാധനമാണ് അതിൻ്റെ കാരണമായ ജ്ഞാനത്തിൽ നിന്ന് അതിനിങ്ങനെ ചില സിദ്ധികളൊക്കെ ഉണ്ടാകുന്ന അസുഖത്തിനെ പ്രകാശിപ്പിക്കാൻ കഴിയും എന്നാൽ ഞാനും ശൂന്യമാണോ അത് ശൂന്യം തന്നെയാണ് പക്ഷെ കുറവ്ഞാന അധീനമായി ഇരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശുങ്ങൾ അതുകൊണ്ട് അസത് പ്രകാശന ശക്തിരേവ് അവിദ്യ അതുകൊണ്ട് അവിദ്യ എന്ന് പറയുന്നത് എന്താണ് അസത്തിനെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ശക്തി ആ ശക്തി എവിടെ ഇരിക്കുന്നു ജ്ഞാനത്തിലിരിക്കുന്നു ജ്ഞാനത്തിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ടാകും ചെയ്യുന്നു അസത്തിനെ പ്രകാശിപ്പിക്കുന്നു എന്നുവെച്ചാൽ അസത്തിനെ അറിയുന്നു ആ അറിയുന്ന അസത്തിനെ അറിയുന്നതാണ് നമ്മളീ കാണുന്നതല്ല യഥ അതായത് അസത്തിനെ പ്രകാശിപ്പിക്കുന്ന ശക്തിയാണ് അവിദ്യ അതുകൊണ്ട് വ്യായം അസപ്രകാശനശക്തി വിജ്ഞാന ചോദിക്കുകയാണ് ശൂന്യവാദിയോട് ചോദിക്കണം നിങ്ങളീ പറയുന്ന ജ്ഞാനത്തിന്റെ അസത്തിനെ പ്രകാശിപ്പിക്കാനുള്ള ശക്തി ആണുള്ള വിദ്യ എന്ന് പറയുന്നത് ഈ ആ വിദ്യ ഇവിടെ ഇരിക്കുന്നു അതിന്റെ പണി എന്താണ് അസത്തിനെ പ്രകാശിപ്പിക്കുക അതാണ് ഇതിനാൽ വ്യായം അസത് പ്രകാശന ശക്തി വിജ്ഞാന വിജ്ഞാനത്തിന്റെ നിങ്ങളീ പറയുന്ന അസത് ശക്തി എന്ന് പറഞ്ഞാലോ കിംഖ്യം അതൊരു ശക്തി എന്നാ പറയുന്നത് ഏത് അവിദ്യ ജ്ഞാനത്തിലിരിക്കുന്ന ശക്തി അതിന്റെ സഖ്യം എന്താണ് അസ്യാഹസഖ്യം കിം പുന എന്താണ് ഇതിന്റെ സഖ്യം ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ശക്തിയുടെ വിഷയമാണ് സഖ്യം ശ്രദ്ധിച്ചു മനസിലാകും ആ എന്താണ് ഈ ശക്തിയുടെ വിഷയം അതായത് അഗ്നി അഗ്നിൽ ഒരു ശക്തിയുണ്ട് ദാഹശക്തി അതിന്റെ വിഷയം എന്താണ് അതാണ് ദാഹം എന്ത് ചെയ്യുന്നു കയ്യെ പൊള്ളിക്കുന്നു പൊള്ളിക്കുന്നുണ്ടല്ലോ പൊള്ളുന്നുണ്ടല്ലോ അതാണ് ശക്തിയുടെ വിഷയം അതാണ് അതിന്റെ ശക്തി ഇപ്പോൾ ശക്തിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ അതാണ് അതെ പൊള്ളിക്കുന്നു പൊള്ളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കുമ്മള കാണുകയും ചെയ്യും തീയുടെ ശക്തി കൊണ്ട് പൊള്ളിക്കഴിഞ്ഞാൽ നമ്മളെന്തു വേണം അവിടെ ഒരു കുമ്മളു ചോദിക്കാൻ കിം പുനരസ്യ ശക്തി ഈ ശക്തിയുടെ വിഷയം എന്താണ് എന്താണ് ചോദിക്കുന്നത് പറയുന്നു അസത് ില്ല കാരണം ശക്തി അസത്തിനെ പ്രകാശിപ്പിക്കുന്നു പറഞ്ഞു അതാണ് ഈ കാണുന്നതൊക്കെ അല്ലെ അപ്പൊ ശക്തിയുടെ വിഷയം എന്താണ് അസത്താണോ അതിന്റെ വിഷയം അസത്ത് വിഷയമായോണ്ട് എങ്ങനെയാണോ ശക്തിയുടെ വിഷയം അഗ്നിയിലിരിക്കുന്ന ശക്തിയുടെ വിഷയം പൊള്ളിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ പൊള്ളല് കാണുന്നത് അതുപോലെ നമ്മളെന്തിനാ കാണുന്നു ഏ എന്നാണ് പറയുന്നത് വിമേശിയ സേനയൊക്കെ കാണുന്നു ഇതിനെല്ലാം കാണുന്നു എന്തുകൊണ്ട് അസത്തിനെ അസത്യതിന്റെ ശക്തിമാണ് അതുകൊണ്ടാണ് ശക്തി എന്തു ചെയ്യുന്നത് അസത്തിനെ പ്രകാശിപ്പിക്കുന്നത് അസത്തിനെ നമ്മൾ കാണുന്ന ഈ രൂപത്തിലൊക്കെയാണ് അതാണ് അസത്തിന്റെ പ്രകാശനം എന്തുകൊണ്ട് ആ ശക്തിയുടെ വിഷയം അസത്തായതുകൊണ്ട് മനസ്സിലായോ അത് ഉദാഹരണം ദാഹമായി ശക്തി ശക്തിയുടെ വിഷയമാണ് പൊള്ളുകാന്നത് കൈയും മറ്റും പൊള്ളുക അതുപോലെ ഇവിടെ വിഷയം എന്താണ് അസത്ത് അത് കാണാൻ പറ്റുമോ ആ അങ്ങനെ അത് കാണും ഏ അസത്തിന്റെ വിഷയമല്ല ശക്തിയുടെ വിഷയം അസത്ത് അസത്തായതുകൊണ്ട് അസത്തിനെ ശക്തി പ്രകാശിപ്പിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം കാണും ആ അതുപോലെ കയ്യുകൾ പൊളിച്ചു കുമ്പള കാണും അതുപോലെ ശക്തിയുടെ വിഷയം എന്താണ് അപ്പൊ നമ്മളെന്ത് അസത്തിനെ പ്രകാശിപ്പിച്ചെന്ത് കാണും ഇതെല്ലാം കാണും അതാണ് കിംപിന ശക്തി ഈ അവിദ്യയുടെ ശക്തി എന്താണ് അസത് എന്ന് പറഞ്ഞു ഇത് ചെയ്ത് കിം തത്കാര്യം ശരി ഈ അവിദ്യാശക്തിയുടെ ശക്തിയുടെ വിഷയം അസ്തിത്വമാണെന്ന് പറഞ്ഞു അസത്വം തന്നെ പറഞ്ഞു അപ്പൊ ഈ ശക്തിയുടെ വിഷയം അസ്വത്വം എന്ന് പറഞ്ഞാൽ അത് കാര്യമാണോ എന്ന് വെച്ചാൽ പൊള്ളലൊരു കാര്യമാണോ അതുപോലെ കാര്യമാണോന്നു പൊള്ളലെന്ന് പറയുന്നത് എന്താണ് ശക്തിയുടെ കാര്യമാണ് അതുപോലെ അസത്വര് ശക്തിയുടെ കാര്യമാണോ സത്യം എന്ന് പറഞ്ഞാൽ രണ്ടാവാം ഒന്ന് കാര്യമാകാം അല്ലെങ്കിൽ ഞാപ്യമാകാം ശക്തിയുടെ കാര്യമാകാം അല്ലെങ്കിൽ ഞാപ്യമാകാം അപ്പൊ കാര്യം എന്ന് പറഞ്ഞാൽ പൊള്ളലുപോലെ ഇതൊരു കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത് കാര്യമാവോസിപ്യം ഇന്നതാവാം എന്തായാലും കാര്യമാകാൻ പറ്റില്ല എന്തുകൊണ്ട് അസത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ കാര്യം ശരിയാണ് അവിടെ പോലുള്ള കാര്യമുണ്ട് അസത്തെന്ന് പറഞ്ഞാൽ എന്താണത് ഒന്നുമല്ലാത്തതാണ് അതെങ്ങനെ കാര്യമാകും കാര്യമാവണമെങ്കിൽ എന്തു വേണം അതൊരു വസ്തുവായിരിക്കും അസത്തൊരു വസ്തുവന്നെ ശക്തിയുടെ കാര്യം അസത്ത് എങ്ങനെയാകും അകത്തില്ല നൃത്തം ഇന്നത്തെ അവത് കാര്യം അസതഹ തത്വ അനുഭവത്തെ കാര്യത്വം അതിന് വരത്തില്ല അത് കാര്യമാകത്തില്ല എന്നറിയാം പിന്നെന്തായിരിക്കണം അസത്വം എന്ന് പറയുന്നത് അവിദ്യാസക്തിയുടെ ഞാപ്യമാണോ ഞാപ്യംന്ന് പറഞ്ഞാ എന്താണ് ജ്ഞാനജന്യജ്ഞാന വിഷയത്വം ജ്ഞാനജന്യജ്ഞാന വിഷയമാണെന്ത് അതാണോ നാപി ഞാപ്യാതും അസത്വം എന്ന് പറയുന്നത് ശക്തിയുടെ ഞാപ്യവും അല്ല എന്തുകൊണ്ട് ജ്ഞാനാന്തരാനുപലബ്ധേ നമ്മള് ഞാപ്യം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഒന്നിനെ ബോധിപ്പിക്കുന്നു എന്നാണ് ഏതെങ്കിലും ഞാപ്യംന്ന് വെച്ചാൽ ബോധിപ്പിക്കുക എന്നാണ് ഏതെങ്കിലും ഒന്നിനെ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണം ഒരു ജ്ഞാനം വേണം അതിന്റെ ബോധം ഉണ്ടാവണ്ടേ ഏ ഇത് ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ബോധിപ്പിക്കുന്നു ഇതാണ് ബോധിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ജ്ഞാനം വേണം ബോധിപ്പിക്കുന്ന ജ്ഞാനം ആ ജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ആ വസ്തുവിനെ ബോധവും വേണം രണ്ടെണ്ണം വേണം രണ്ട് ജ്ഞാനമാണ് ജ്ഞാപ്യം ണ്ടാകുന്ന ബോധം വേണം ബോധിപ്പിക്കുന്ന ഒരു വസ്തു ഉണ്ടായിരിക്കണം അത് ജ്ഞാനമായിരിക്കണം അതിൽ നിന്ന് ഉണ്ടാകുന്ന വസ്തുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകണം അത് ജ്ഞാനജന്യ ജ്ഞാന വിഷയമായിരിക്കണം അസസ്ത്വം അസസ്ഥിനെ ബോധിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്ത് ശക്തി ജ്ഞാനത്തിലിരിക്കുന്ന ശക്തി എന്തെയ്യുന്നു ജ്ഞാനത്തിലിരിക്കുന്ന ശക്തി അസത്തിനെ ബോധിപ്പിക്കുമ്പോൾ അവിടെ രണ്ടാമതായിട്ട് ഒരു അസത്തിന്റെ ബോധം കൂടെ ഉണ്ടാവും വേണ്ടേന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നിങ്ങളെന്താ പറയുന്നത് ജ്ഞാനത്തിലിരിക്കുന്ന അവിദ്യാശക്തിയാണ് അസത്തിനെ പ്രകാശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അവിടെ രണ്ടാമതൊരു ജ്ഞാനത്തിന്റെ കാര്യം നിങ്ങൾ പറയുന്നില്ല ഉണ്ടോ ഇത്രേ പറഞ്ഞുള്ളൂ അസ ജ്ഞാനത്തിലിരിക്കുന്ന ശക്തി അസത്തിനെ ബോധിപ്പിക്കുന്ന ഇത്രേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോ അവിടെ രണ്ടാമതൊരു ഏഹ് രണ്ടാമതൊരു ബോധം വേണമോ ഉണ്ടോ എന്നാ ചോദിക്കുന്നത് അങ്ങനെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ലല്ലോ പക്ഷെ ഞാപ്യെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോധത്തെ സ്വീകരിച്ചേ പറ്റൂ എന്തുകൊണ്ട് നിങ്ങളെന്താ പറയുന്നത് ജ്ഞാനത്തിലിരിക്കുന്ന ശക്തി അവിദ്യയെ അസത്തിനെ ബോധിപ്പിക്കുന്നു അപ്പൊ ഒരു ബോധം വേണം ജ്ഞാനത്തിലിരിക്കുന്ന ശക്തി ബോധിപ്പിക്കുമ്പോൾ ഒരു ബോധം വേണ്ടേ രണ്ടാമത് ജ്ഞാനം അങ്ങനെ ഒരു ജ്ഞാനം ഇല്ലല്ലോ അതവിടെ കാരണം ഇവിടെ ഇത്രയേ ഉള്ളൂ ഒന്ന് മറ്റൊന്ന് ജ്ഞാനം എന്നതിനുള്ള വിജയശക്തി ഈ ഇത്രയും നിങ്ങൾ സ്വീകരിക്കുന്നു പിന്ന ഞാനിന്ന പൂർവ്വജ്ഞാനാണ് ഇവിടെ ഇപ്പം നിങ്ങള് ഞാപ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്ഞാനത്തിൽ കൂടെ സ്വീകരിക്കുന്നു മനസ്സിലായാപ്യം എന്ന് പറയാൻ പറ്റില്ല ജ്ഞാനാന്തരാനുപലബ്ധേ രണ്ടാമതൊരു ജ്ഞാനം ഇല്ലല്ലോ നിങ്ങളുടെ സിദ്ധാന്തത്തിൽ ഉപലബ്ധമല്ല ജ്ഞാനം കൂടെ വേണമെന്ന് ഞങ്ങൾ ഇപ്പൊ പറയാം ജ്ഞാനത്തിലിരിക്കുന്ന അവിദ്യാശക്തി അസത്തിനെ പ്രകാശിപ്പിക്കുന്നു പറയുമ്പോൾ ഞങ്ങൾ ഒരു ജ്ഞാനക്കൂടെ കൂടെ അംഗീകരിച്ചു കൊണ്ടാ പറയും എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര ജ്ഞാനമായി ഏ ആ ജ്ഞാനത്തിന്റെ പ്രകാശം എങ്ങനെ ഉണ്ടാവും ആ വിദ്യ അത് പ്രകാശിപ്പിക്കും അങ്ങനെ ഒരു ജ്ഞാനത്തെ നിങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ആ ജ്ഞാനത്തിന്റെ പ്രകാശം അംഗീകരിക്കണം വേണ്ടേ ആ ജ്ഞാനത്തിന്റെ ഒരു പ്രകാശത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിലിരിക്കുന്ന അവിദ്യാശക്തി ഈ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയേണ്ടി വരും അപ്പവിടെ എന്തുവരും അടുത്തൊരു ജ്ഞാനം വരും ആ ജ്ഞാനത്തിലിരിക്കുന്ന അവിദ്യാശക്തി ഈ പറഞ്ഞ മൂന്നാമത്തെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു പറയേണ്ടി വരും അപ്പൊ നാലാമതൊരു ജ്ഞാനത്തെ സ്വീകരിക്കുന്നു നാലാമത്തെ ജ്ഞാനത്തിലിരിക്കുന്ന അവിദ്യാസക്തി മൂന്നാമത്തെ ഞാനത്തെ പ്രകാശിക്കുന്നു എന്നു വന്നു കഴിഞ്ഞാൽ അഞ്ചാമതൊരു ജ്ഞാനത്തെ സ്വീകരിക്കേണ്ടി വരും അഞ്ചാമത് ജ്ഞാനത്തിലിരിക്കുന്ന അവിദ്യാസക്തി നാലാമത്തെ ഞാനത് പ്രകാശിപ്പിക്കുന്നു പറഞ്ഞാൽ എത്രാമത്തെ ഞാനും വരും ആറാമത്തെ വന്നു കഴിഞ്ഞാങ്കിൽ ഇതെവിടെ പോകും അതാണ് ജ്ഞാനാന്തര അനുപലബ്ദേഹേ ഒന്ന് അങ്ങനൊരു ജ്ഞാനമില്ല അങ്ങനെ ഒരു ജ്ഞാനത്തെ സ്വീകരിച്ചാൽ അനവസ്ഥോഷ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല ജ്ഞാനത്തിലിരിക്കുന്ന ആ വിദ്യാശക്തി അസുഖനെ പ്രകാശിപ്പിക്കുന്നു പറഞ്ഞാൽ അതിന്റെ ഗുരുമാല ചോദിക്കുന്നത് എന്താണ് ആദ്യം ചോദിക്കുന്ന ഇതാണ് എന്താണ് ആ വിദ്യാശക്തിയുടെ എന്താണ് കാര്യമാണോ അസത്വതോ നാപ്യമാണോ അസത്വം ഒരിക്കലും കാര്യമാകത്തില്ല ശൂല്യമാണോ ഞാപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമാണോ പ്രകാശിപ്പിക്കുന്നത് അല്ലയോ അതിൽ നിന്നൊരു ജ്ഞാനം ഇല്ല എന്ന് വന്നുകഴിഞ്ഞാൽ പക്ഷെന്തോ ജ്ഞാനത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തോരം അനവസ്ഥ ദോഷം വരും അതുകൊണ്ട് അതെല്ലാം വിട്ടിട്ട് ഇതുവരെ പറഞ്ഞെല്ലാം വിട്ടിട്ട് പറയല് വിജ്ഞാന സ്വരൂപമേവ അസതപ്രകാശ അവദ്യാശക്തി അങ്ങ് കിട്ടും പറയുന്നു എന്ത് ചെയ്യുന്നു അസത്തിനെ പ്രകാശിപ്പിക്കുന്നാണിതല്ല അവിടെ അവദ്യാശക്തി ഒന്നും വേണ്ട വിജ്ഞാനം അസത്തിനെ പ്രകാശിപ്പിക്കുന്നു അപ്പോ അവിടെ പിന്നെ വേറെ ഒരു ജ്ഞാനൊന്നും സ്വീകരിക്കുന്നില്ല എന്ത് ചെയ്യുന്നു പറയുന്നു വിജ്ഞാനസ്വരൂപം മത്സ്യത്തിനെ പ്രകാശിപ്പിക്കുന്നു ഇത്ര പറയുന്നു കാര്യം പറയുന്നു ശരി സമ്മതിക്കാനൂപം അസത്വം ആ വിജ്ഞാനസ്വരൂപം അസത്തിനെ പ്രകാശിപ്പിക്കുന്നു ഇത്രയേ ഉള്ളൂ വേറെ ജ്ഞാനൊന്നും അവിടെ ഇല്ല വേറെ ഒന്നും ഇല്ലാത്തോണ്ട് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളീ പറയുന്ന വിജ്ഞാനവും അസത്തും തമ്മിലുള്ള ബന്ധം എന്താ ഉം ോഹോ സംബന്ധ സത്വെന്ന് വെച്ചാൽ ഈ വിജ്ഞാനം അസത്വെന്ന് പറഞ്ഞാൽ വേറെ ഇതിനാണ് തമ്മിലെന്താ സംബന്ധം കാരണം അസത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് വിജ്ഞാനം എന്ന് പറഞ്ഞു വാദാസത്തിൽ നിന്ന് വേറെയാണെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലൊരു സത്വത്തെ അംഗീകരിക്കണം അപ്പൊ പൂർവ്വജ്ഞാനാധിന് സത്വം സ്വീകരിക്കേണ്ടത് അതുകൊണ്ടാണ് അതിനെ സത്വം പറഞ്ഞത് അങ്ങനെയുള്ള ആ വിജ്ഞാനവും അസത്തും തമ്മിലെന്താ ബന്ധം പുത്രനും വന്തിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയും വന്ധ്യാപുത്രനും വന്തിയും തമ്മിലുള്ള ബന്ധം എന്താ എന്തുകൊണ്ടില്ല എന്തുകൊണ്ടില്ല എന്തുകൊണ്ടില്ല വന്ധ്യ ഉണ്ട് പുത്രനില്ല ഇല്ലാത്ത ഒന്നിന് ആയിട്ട് വന്ധ്യക്ക് സംബന്ധം ഉണ്ടാകത്തില്ല അവിടെ ഒന്നുണ്ട് ഒന്നില്ലാത്തതും ഒന്നുള്ളതുമാണ് ഇല്ലാത്ത ഒന്നുമായിട്ട് ഒന്നിന് സംബന്ധം ഇല്ല ആ ചോദിക്കുന്നു എന്താ സംബന്ധം അപ്പോ ഒരു സംബന്ധം പറയണമല്ലോ കാരണം എന്തുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അസദ് അധീന നിരൂപണത്വം സതജജ്ഞാനശാന്ത സംബന്ധിച്ച് സംബന്ധം എന്നു പറയുന്ന ഇതാണ് അസത്തിനെ ആശ്രയിച്ചാണ് ഈ ജ്ഞാനം നിലനിൽക്കുന്നത് ഈ ജ്ഞാനത്തിന്റെ എല്ലാം നിലനിൽപ്പ് എന്തിനെ ആശ്രയിച്ച് അസത്തിനെ ആശ്രയിച്ചിട്ടാണ് അസദ് അധീന നിരൂപണമാണ് െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് മേശിയെന്നുള്ള ജ്ഞാനം ഉണ്ടായി ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായി ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് മേശ എന്ന് പറയുന്നത് അസത്താണ് ആ അസത്തിനെ ആശ്രയിച്ചിട്ടാണെന്നുണ്ടായത് ഈ ജ്ഞാനം ഉണ്ടായത് അസത് അധീനമായി ഉണ്ടായിരിക്കുക എന്ന് പറയും സതാണ് അസദീന നിരൂപണത്വം സത്യസത്താണെന്ന് അത് അസദാസംബന്ധം അസത്തായിട്ടുള്ള സംബന്ധമാണ് അസത്തിന ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് പറയും ഇതിചേ അഹോ അയം അതിനിവൃത്ത പ്രത്യേക തപസ്സി അസത്യൂപണമായതത്തെ പറയുന്നു എന്താണ് നിങ്ങള് പറയുന്ന ഈ ജ്ഞാനം എന്ന് പറയുന്ന ഒരു സന്യാസിയാണ് ഇതൊരു വല്യ സന്യാസിയാണല്ലോ സന്യാസി എന്താണ് ചെയ്യുന്നത് സന്യാസിയുടെ പ്രത്യേകത എന്താണ് മറ്റുള്ളവരെ എല്ലാവരെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത് പണം മരുന്ന് വേണം ഭക്ഷണം വേണം പരദൂഷണം പറയണം ഇതിനൊക്കെ ആര് വേണം ചുറ്റുപാടും ആള് വേണം എന്നാ ഈ സന്യാസി കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടോ ഒരു ഗുണമുണ്ട് സമൂഹത്തിന്റെ ഒരു ഭാരം എന്നാൽ സന്യാസി എല്ലാവരെയും ആശ്രയിച്ചാണ് അതുകൊണ്ടാണ് ജ്ഞാനതപസ്സിന്ന് പറഞ്ഞത് ഇപ്പോ പഴയകാലത്തെ സന്യാസിമാർക്ക് ഇങ്ങനെ ഒരു നല്ല പേരുണ്ട് എന്താണ് സമൂഹത്തിന് ഒരു ഭാരവും സമൂഹത്തിലെ ഇത്ര കണ്ണികളുമാണ് സമൂഹത്തെ ആശ്രയിച്ച് അവരുടെ ചോര കുടിച്ചാണ് ഈ വർഗം വളരുന്നത് എന്നാൽ ഇവരെകൊണ്ട് സമൂഹത്തിന് ഉപദ്രവമല്ലാതെ ഒരു ഗുണമാണ് പണ്ടേ ഒരു അതാണ് വാജസ്വീശ്വര കൂടെ പറയുന്നത് അസത്തിനെ ആശ്രയിച്ചാണ് ജ്ഞാനം നിൽക്കുന്നത് പക്ഷെ കൊണ്ട് അസത്തിന്റെ ഒരു ഗുണവും എന്തുകൊണ്ടില്ല അസത്തൊന്നു വെച്ചാൽ ഇല്ലാത്തതാണ് ഇല്ലാത്ത ഒന്ന് ജ്ഞാനത്തെ എന്താണ് ഞാൻ അസത്തിനെ ആശ്രയിച്ചാണ് സന്യാസി സമൂഹം പോലെയാണെന്നാണ് ഈ പറയുന്നത് അജസ് മിശ്ര ഒരു ഗൃഹസ്ഥനായിരുന്നു നമ്മള് സന്യാസിമാരോട് കുറച്ച് കലിപ്പ് ഉണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ പിന്നെ സന്യാസിയോടെ പിടിച്ചോണ്ടുവരുണ്ട് വല്ല കാര്യം ഉണ്ടോ ഉണ്ടോ പണ്ട് സീക്ക് ഗുരുവിനോട് പറഞ്ഞു ഈ ഇത്ര കണ്ണികളെ സമൂഹത്തിന്റെ ചോര കുടിക്കുന്ന ഇതിനെയൊക്കെ എന്തെങ്കിലും പണിയേൽപ്പിക്കണമുണ്ട് എന്തെങ്കിലും പണി കൊടുക്കണം നെയ്ത്തിശാലയില്ലോ എവിടെയെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കണം ഒന്നുക വളരെ ദൃഢമായിട്ട് ഇങ്ങനെന്നു പറഞ്ഞു വീത്തൽ കണ്ണികൾ സമൂഹത്തിന്റെ ചോര പിടിക്കുന്ന ഇതിനൊക്കെ എന്തെങ്കിലും പണിയെത്തി കുറെ എണ്ണം ഗുരു ഇവിടെ വളർത്തുന്നുണ്ട് ഏ അനുസ്മരണത്തേ ഗുരു പറഞ്ഞ എന്താണ് ഏറ്റുകളെയൊക്കെ പണിയെടുപ്പിക്കാൻ തുടങ്ങിയ പിന്നെ ഒന്നും കാണത്തില്ല ഇവിടെ ഇട രാവിലെ ഞാൻ ഞാൻ വിചാരിച്ചത് എന്റെ അവസാനം നടന്നു എന്താണ് ഇവരെ കൊണ്ടൊന്നും പണിയെടുക്കില്ല ഗുരുവാരും എന്താണ് ഏറ്റവും അത് വേറെ ഗുരുവാരയും കൊണ്ടെന്തെയും കഷ്ടപ്പെടുത്തിണ്ട അതുപോലെ അണുമുടീം പറയുന്നു അഹോബദ കൊള്ളാമെന്നും ആശ്ചര്യമായിരിക്കുന്നു അയം എന്താണ് ഈ ജാനം നിശപ്പെടുത്തുകയും അതി നിർമൃത്തഹമുക്തനാണ് സ്വാമി പറഞ്ഞാതല്ലേ ഞാൻ നിസ്സംഗനാണ് അസങ്കനാണ് എനിക്കൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ല ഞാൻ നിർലേപനാണ് ആത്മാവാണ് അതുകൊണ്ട് എനിക്ക് ആരോടും ഒരു ഉത്തരവാദിത്വവും ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരാമുണ്ടെങ്കിൽ എല്ലാം ഇങ്ങോട്ട് എനിക്കാരോടും എന്താണ് ഞാൻ ആത്മാവാണ് മുക്തനാണ് പിന്നെ എനിക്കാരോടൊരു ഉത്തരവാദിത്വമില്ല വീട്ടുകാരോടില്ല നാട്ടുകാരോടില്ല ബന്ധുക്കളോടില്ല സുഹൃത്തുക്കളോടില്ല ഭക്തന്മാരോടില്ല ആരോടും എനിക്ക് ഉത്തരവാദിത്വം അതാണ് ഞാൻ മുക്തനെന്ന് പറയുന്നതാണ് ഇവരിൽ നിന്ന ഞാൻ മുക്തനായിരുന്നു പക്ഷേ എന്തെങ്കിലും തരണം എനിക്ക് കൃത്യമായിട്ട് ദക്ഷിണയും പിന്നെ ഭക്ഷണമോട് തരണം അന്ന് പറയുന്ന ശരിക്ക് കണിയാക്കിയിരിക്കണം ഈ തപസ്സിടെ ഇടയ്ക്കിടയ്ക്ക് പേപ്പർ വായിക്കാറുണ്ട് ഇങ്ങനെ വാഗസ്പഴി എഴുതിയിട്ടുണ്ടെന്നും അറിയത്തില്ല പ്രത്യേകം കേട്ടോ ഏ ഓഹ് അത് കോട്ടെ എന്തായാലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നൊന്നും അവർക്കറിയിക്കുന്നു ഞാനത് പശി അസത്യവി നിരൂപണമായ അസത്യശൂന്യത്തെയും ആശ്രയിച്ച് നിലനിൽക്കുന്നു ആരെ എന്നാ പ്രത്യേക ആഥത്തേക്ക് പക്ഷെ ഈ ജ്ഞാനം അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നു അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ആ പ്രത്യേകത്തിൻ്റെ ആ ഒരു നിലപാട് ജ്ഞാനത്തിൻ്റെ നിലപാട് എന്താണ് മറ്റുള്ളതിനെ ആശ്രയിക്കുന്നു അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഇവിടെ തപസ്സിയാക്കി തപസികളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ തപസ് എന്ന് പറയുന്നത് യാതൊരു തരത്തിലും സമൂഹത്തിന് യാതൊരു ഉപയോഗമില്ലാത്തൊരു സാധനമെന്നാണ് ഇവിടെ പറയുന്നത് മനസിലാകും ഞാൻ മുറിക്കാത്തത് തപസ് ചെയ്യണം ൂമിന്റെ അകത്ത് ഭക്ഷണം എത്തിക്കണം എന്നൊന്നും പറഞ്ഞ അതൊന്നും ചെയ്യാവുന്ന കാര്യമാണ് എന്തുകൊണ്ട് അസുഖം ആധാരത്വമായ അസത്വം എന്ന് പറയുന്നത് ഒന്നിനും ആശ്രയമാകത്തില്ലല്ലോ അസത്തൊന്നിനും അപ്പോ ഞാനിതിനങ്ങോട്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അവിടെ നീങ്ങോട്ട് വാങ്ങാം എന്ന് പറയാനേ പറ്റും അസ്വതന്ത്രേണ പ്രത്യോന പ്രധതയെ നിർത്തിയിട്ട് അടുത്ത വാദം പറയും അപ്പം ഈ ശൂന്യവാദിയെ ഇങ്ങനെ ആക്ഷേപിക്കുന്നതിനാണ് അദ്വൈതല്ല സത്യ സഖ്യാധിവാദികളാണ് ശൂന്യവാദം പറഞ്ഞത് ജാന ശക്തിയാണ് ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നത് അപ്പോഴാണ് അവരോട് ചോദിക്കുന്നത് എന്താണ് ആ ശക്തിയുടെ കാര്യമാണോ ജാപ്യമാണോ എന്നൊക്കെ ചോദിക്കുന്നതിന് സഖ്യാധിവാദിയാണ് ഇവരെ തമ്മിലടുപ്പിച്ചിട്ട് അദ്വൈതി മാറിയിരിക്കയാണ് അവരിൽ ആരാജയിക്കുന്നതെന്ന് അറിയണം അദ്വൈതി പ്രശ്നത്തിൽ ഇടപെടുന്നു മനസിലായ അപ്പോ എന്ത് ചെയ്തു ശൂന്യവാദിയെ സഖ്യാധിവാദി കളിയാക്കുക നിങ്ങളുടെ ജ്ഞാനം അതൊരു തപസിയാണെന്നൊന്ന് പറഞ്ഞു അപ്പോ ആ സഖ്യാധിവാദിയോട് ശൂന്യവാദി മറുപടി പറയുന്നവണ് നടത്തും അസതന്തരേണ പ്രത്യോന പ്രഭതേവേഷ സ്വഭാവോ അസദീനമസ്യ ശൂന്യവാദികൾ നിങ്ങൾ ധരിച്ചതുപോലെയൊന്നുമല്ല ഇവിടെ കാര്യം എന്താണ് ഇത്രേയുള്ളൂ അസതന്തരേണ പ്രത്യോന പ്രഭതേ ഞങ്ങൾ ഇത്രേ പറഞ്ഞുള്ളൂ അസത്തിനെ കൂടാതെ ഞാനും ഉണ്ടാവത്തില്ല ഇത്രേ പറഞ്ഞുള്ളൂ അസത്താണല്ലോ ഇതിനൊക്കെ പ്രകാശിപ്പിക്കുന്നത് അതുകൊണ്ട് അസത്തിനെ കൂടാതെ ജ്ഞാനം പ്രകാശിപ്പിക്കില്ല അസതന്ത്രേണ പ്രത്യോനപ്രദത്തെ പ്രത്യേകിച്ചാണ് ഇനി പ്രത്യേകിച്ച് ഏവേഷ സ്വഭാവവും ഇതെന്താണിത് ജ്ഞാനത്തിൻ്റെ ഒരു സ്വഭാവമാണ് സ്വഭാവവാദം എന്ന് പറയും സ്വഭാവവാദം എന്ന് ചോദിച്ചു പിന്നെ ചോദ്യം ചോദിക്കാൻ പറ്റി സ്വഭാവവാദത്തിനങ്ങനെയുണ്ട് പിന്നെ അവിടെ യാതൊരു ചോദ്യവും സാധ്യമാകത്തില്ല മനസിലായ തീ എന്തുകൊണ്ട് പൊള്ളിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏഹ് തീയുടെ സ്വഭാവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലത്ത് ഇങ്ങനെയാണ് അറിയാത്ത കാര്യങ്ങൾ വരുമ്പോ എന്ന് പറയും സ്വഭാവമാണെന്ന് പറഞ്ഞു അത് തീയുടെ സ്വഭാവമാണ് വെള്ളം എന്തുകൊണ്ട് തണുത്തിരിക്കുന്നു അത് വെള്ളത്തിന്റെ സ്വഭാവമാണ് വായു എന്തുകൊണ്ട് വീശുന്നു വായുവിന്റെ സ്വഭാവമാണ് പഴയകാലത്ത് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും പറയാൻ ശാസ്ത്രീയമായ ഉത്തരം പറയാൻ അറിയാത്തത് കൊണ്ട് അവർ കൊണ്ടുപോകുന്നതാണ് എന്താ സ്വഭാവം അത് പിന്നെ ചോദിക്കാൻ പറ്റില്ലല്ലോ അതെന്റെ സ്വഭാവം പക്ഷെ അവിടെ എന്താ പറയേണ്ടത് എനിക്കറിയില്ലെന്നോ അത് പറയട്ടെ കാരണം ഈ ചോദിക്കുന്ന ആരോടാണ് ജ്ഞാനികളോടാ ചോദിക്കുന്നത് അപ്പൊ അവർ ഉത്തരം പറഞ്ഞേ പറ്റൂ ഞാനീക്കറിയില്ല എന്ന് പറയാൻ പറ്റുമോ ചോദിക്കുന്ന ആരോടാണ് ഞാനിങ്ങനോട് വായു എന്തുകൊണ്ടാണ് വിശ്വസിക്കുക അതെന്താ ഉടൻ ഉത്തരം റെഡിയാണ് റെഡിമെയ്ഡ് ഉത്തരം എന്താണ് അതായത് സ്വഭാവം ഇത് പ്രത്യേകിച്ച് ശേഷ പ്രത്യേകത്തിന്റെ സ്വഭാവത്തെയാണ് ഞങ്ങൾ ഈ പറയുന്നത് അസദ അധീനം അസ്യഞ്ചി രൂപ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അസത്തിനെ ആശ്രയിച്ച് അതിനെന്തെങ്കിലും സംഭവിക്കുന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം അസതിന് എന്തെങ്കിലും ആണ് സംഭവിക്കുന്നത് ജ്ഞാനത്തിന്റെ സ്വഭാവമാണ് എന്താണോ അത് അസത്തിനെ പ്രകാശിപ്പിക്കുന്ന അത്ര അസദ അധീനം അസദ അധീനമാകാൻ പറ്റിയുള്ള കാരണം എന്ന് പറഞ്ഞപ്പോ വീണ്ടും സത്കാര്യമായി കളിയാക്കിയാണ് എന്താണ് പറയുന്നത് അഹോ അസ്യസത്പക്ഷം തദാത്മാഅ അവിനാഭാവം നീത പ്രത്യേകത എന്നു പറഞ്ഞിട്ട് സഖ്യാതിവാദി ശൂന്യവാദത്തെ എന്ത് ചെയ്യുന്നു കള്ളികളും വളരെ ശ്രദ്ധിച്ച് മനസിലാക്കേണ്ട കാര്യമാണ് മനസ്സിലാക്കിയാൽ കൊള്ളാം